ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ആയവർ മാത്രമേ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂ എന്നവർ പറയുന്നു അത് അവരുടെ വെറും മോഹങ്ങൾ മാത്രമാണ് നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങളുടെ തെളിവ് ഹാജരാക്കുവിൻ എന്നു പറയുക